نعبده و نستعينه و نؤمن به و نتوكر عليه و نعود من الله من شرور أنفسنا و من شعيات أعمالنا من يهده الله فلا مضلله ومن يضلله فلا هديله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الحق ീൻകരികൻ ബാല ഇബ്രാഹിമിം മജീദ്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 يا أهل الْكِتَابِ الْكِتَابِ جَاءَكُمْ رَسُولُنَا يبين لَكُمْ كَثِيرًا مِمَّا كنتم تُخْفُونَ مِنَ مِنَ اللَّهِ نُورٌ وَكِتَابٌ നൂരുവിതീൻ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിനെ ജീവിതത്തിലൊരു നീളം അനുസരിച്ചും ഭയപ്പെട്ടും മുത്തക്കികളായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹു സ്വഹാനു കാല ഈ മുസ്ലിം ഉമ്മത്തിനെ മറ്റ് സമുദായങ്ങളിൽ ായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ഉത്തമ സമുദായമാണ് ആ സമുദായത്തിന് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്തമമായ എല്ലാ നിലക്കും ഏറ്റവും പുതിയതും ഏറ്റവും ഉത്തമവുമായ വേദഗ്രന്ഥം നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു ആ സമുദായത്തിന് അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫു അലീ വസല്ലം പ്രവാചക പരമ്പരയിൽ പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും ഒടുവിലത്തെ ആളും അതിശ്രേഷ്ഠനുമാണ് എന്നതും ഈ സമുദായത്തെ അള്ളാഹുബൻതൽ ആദരിച്ചതിന് തെളിവാണ് അങ്ങനെ അതിവിശിഷ്ടമായ വചനങ്ങളടങ്ങുന്ന മനുഷ്യ ജീവിതത്തിന് വെളിച്ചം നൽകേണ്ട വിശുദ്ധ ഖുർഹാൻ അത് നാളെ പരലോകത്ത് സത്യവിശ്വാസികൾക്ക് ശുപാർശകനായി വരും എന്ന് മുഹമ്മദ് മുസ്തഫ അസുഖി സ്വലം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആർക്കാണ് ഈ വിശുദ്ധ ഖുർഹാന്റെ ശുപാർശ പരലോകത്ത് ലഭിക്കുക ആ ശുപാർശ ലഭിക്കുവാനുള്ള നമ്മുടെ ഒരുക്കവും അത് ലഭിക്കുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പും നമ്മൾ നടത്തുന്നുണ്ടോ എന്നതാണ് പ്രശ്നം വിശുദ്ധ ഖുർഹാനിൽഹാനോ താല ആ വിശുദ്ധ ഖുർഹാനെ സംബന്ധിച്ച് ധാരാളക്കണക്കിന് വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഖുർആാനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പടച്ചവൻ വിശേഷിപ്പിച്ച വസ്തുതകളെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് സത്യവിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് പക്ഷേ അതിവിശിഷ്ടമായ ഈ വിശേഷണങ്ങളും ഗുണങ്ങളും പ്രകീർത്തനങ്ങളും നമ്മുടെ ജീവിതവുമായി അത് വേണ്ടത്ര ബന്ധപ്പെടുന്നതല്ല തികച്ചും അവഗണനാപരമായ ഒരു സമീപനമാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ എതിരായ കഴിവായി നമുക്കെതിരായ തെളിവായി എതിരായ പ്രമാണമായി നമ്മുടെ വിജയ വിജയ പരാജയങ്ങളുടെ നിദാനമായി അള്ളാഹുസുബ്രഹാൻ മുഹത്തലാഖി തീർക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധാൻ ഒരു വെളിച്ചമാണ് പ്രകാശമാണ് എന്താണ് വെളിച്ചം നമുക്ക് നൽകുന്ന ഗുണം വസ്തുക്കളെ വ്യക്തികളെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും സുന്ദരമായ കാഴ്ചകൾ കണ്ടാസ്വദിക്കണമെങ്കിൽ വെളിച്ചം വേണം ആ വെളിച്ചം നമ്മുടെ കണ്ണിൽ സറക്കണം ആ പ്രതിബിംബങ്ങളെ നമ്മുടെ കണ്ണിൽ കൊണ്ടുവന്ന് ആ രൂപം നമ്മുടെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ചെന്ന് തട്ടണം അപ്പോഴേ ഒരു വസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളു ഇരുട്ട് അവിടെ മറവുണ്ടാക്കും അപ്പോൾ ആ വസ്തുവിനെ നമുക്ക് കാണുവാനും സാധ്യമല്ല ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രകാശമാണ് വിശുദ്ധ ഖുർഹാൻ അല്ലെങ്കിൽ ആ പ്രകാശത്തിന് തത്തുല്യമായി ജീവിതത്തിന്റെ ഇരുട്ടുകളെ നിങ്ങൾ വികലമായ വിശ്വാസങ്ങളെയും വികലമായ ആചാരങ്ങളെയും വികലമായ പ്രവൃത്തികളെയും നന്നാക്കിക്കൊണ്ട് വളരെ സുതാര്യവും സുഹൃതവുമായ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചുവിടുന്ന ഒരു ശക്തിയാണ് വിശുദ്ധ ഖുഹാൻ എന്ന് അള്ളാഹു സുബ്രഹാൻ താല നമ്മോട് പറഞ്ഞു തരികയാണ് വേദക്കാരായ ആളുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാന സുഹൃത്തും നിങ്ങൾക്കിതാ നമ്മുടെ ഒരു ദൂതൻ വന്നിട്ടുണ്ട് നേരത്തെ നിങ്ങൾക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ നിങ്ങൾ മറച്ചുവെച്ച് ആളുകളെ അറിയിക്കാതെ പൂഴ്ത്തിവച്ചിരുന്ന പല യാഥാർത്ഥ്യങ്ങളും വളരെ വ്യക്തമായി മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്ന വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകൻ വൈ അഴു അൻ കസീർ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വഞ്ചനകൾക്കും ഇത്തരത്തിലുള്ള കൊള്ളരതായ്മകൾക്കും വളരെ കൂടുതൽ മാപ്പ് നൽകിയവനാണ് അള്ളാഹു സുബാന അങ്ങനെ നിങ്ങളുടെ പല അപരാധങ്ങളെയും അള്ളാഹു മാപ്പാക്കിയിട്ടുണ്ട് എന്നിട്ടും വളരെയധികം യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ മറച്ചു വെക്കുന്നു എന്നാൽ നിങ്ങൾ മറച്ചുവെച്ച സത്യങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുവാൻ വേണ്ടി നാം ഒരു അയച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതാ വേദക്കാരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നുള്ള വെളിച്ചവും വ്യക്തമായ ധൃഷ്ഠാനമടങ്ങുന്ന ഒരു ഗ്രന്ഥവും വന്നു കിട്ടിയിരിക്കുന്നു അള്ളാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റിയ ആളുകളെ അത് നേർമാർഗത്തിലാക്കുന്നു രക്ഷയുടെ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു അപ്പൊ വിശുദ്ധ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പഠിച്ച് മനസ്സിലാക്കി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അതിന്റെ അനുയായികളെ സുബുലുസ്ലാമിലേക്ക് രക്ഷയുടെ വഴികളിലേക്ക് അത് വഴിതിരിച്ചുവിടും അന്ധകാരങ്ങളിൽ നിന്ന് അത് വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരും അള്ളാഹുവിന്റെ അനുമതിയോടെ അവന്റെ തൗഫീഖോടെ നേരായ മാർഗത്തിലേക്ക് അത് അവരെ വഴിതിരിച്ചുവിടുന്നു വഴി കാണിക്കുന്നു ഇപ്പൊ നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന നേരത്തെ വേദഗ്രന്ഥക്കാർ മറച്ചുവെച്ചിരുന്ന പല യാഥാർത്ഥ്യങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന അതിനെ പിൻപറ്റുന്നവരും അംഗീകരിക്കുന്നവരുമായ ആളുകളെ സുഗുൽസലാമിലേക്ക് രക്ഷയുടെ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥം ഇതൊക്കെ ഖുർഹാനെ കുറിച്ച് ഖുഹാൻ നമുക്ക് പരിചയപ്പെടുത്തി എന്ന കാര്യങ്ങളാണ് എന്നാൽ ഇങ്ങനെയുള്ള ഒരു നേരായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു വേദഗ്രന്ഥം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ സ്വകാര്യ ജീവിതത്തെയോ നമ്മുടെ പരസ്യ ജീവിതത്തെയോ നമ്മുടെ വ്യക്തി ജീവിതത്തെയോ നമ്മുടെ കുടുംബജീവിതത്തെയോ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെയോ നമ്മുടെ മറ്റു ബന്ധങ്ങളെയോ ഈ ഖുർആാൻ സ്വാധീനിക്കുന്നുവോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വീണ്ടും അള്ളാഹു സുബ്രഹാൻ തല പറയുന്നു ഇന്ന് ഖുർആാനെ അഭവം ഏറ്റവും മെച്ചപ്പെട്ടതേതോ ഉണ്ട് അത് ആശയത്തിലാകട്ടെ ആദർശത്തിലാകട്ടെ പ്രവർത്തികളിലാകട്ടെ കർമ്മങ്ങളിലാവട്ടെ വിശ്വാസ പ്രമാണങ്ങളിലാകട്ടെ ഏറ്റവും ചൊവ്വായത് ഏതോ അതിലേക്കാണ് ഈ ഖുർആാൻ കൊണ്ടുപോകുന്നത് ബഷീറിൽ അതുകൊണ്ട് വിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക അല്ലിഹാത്തി മഹത്തായ വർത്തിച്ച പ്രതിഫലമുണ്ട് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അപ്പൊ ഖുർആാൻ അതിന്റെ വെളിച്ചവും അതിന്റെ മാർഗവും സ്വീകരിക്കുന്ന ആളുകൾക്ക് അവിടെ അമലുകൾ നന്നാക്കാൻ സാധിക്കും അവിടെ വിശ്വാസത്തെ നന്നാക്കാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹു അവർക്ക് അങ്ങേറ്റത്ത് കൂലിയും കൊടുക്കും എന്ന് വിശുദ്ധ ഖുർഖാൻ പറയുകയാണ് ഈ വിശുദ്ധ ഖുഹാൻ തന്നെ മനുഷ്യവർഗത്തെ പോലെ തന്നെ ജിന്നുവർഗത്തെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്നാണ് ഖർഹാൻ പറയുന്നത് വിശുദ്ധ ഖുർഹാനിലെ ഒരു സൂറത്ത് തന്നെ ആ പേരിൽ അറിയപ്പെടുന്നുണ്ട് സൂറത്തുൽ ജിന്നു ആ വിഭാഗത്തിന് അതിൽപ്പെട്ട വലിയ ഒരളവോളം ആളുകൾക്ക് മനുഷ്യരിലേക്ക് എന്ന പോലെ തന്നെ ജിന്നുവർഗത്തിനും പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആളാണ് മഹമ്മദ് മുസ്ഫു അലൈവിസ് അങ്ങനെ നബിസല്ലാവിസ്ല്ലമിന്റെ സന്നിധിയിൽ നിന്ന് അത്ഭുതകരമായ ആ വിഷുദുർ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വളരെ അടുത്ത് ഒരു വാർത്ത വന്നല്ലോ പ്രവാചകനെയും ഇസ്ലാമിനെയും അങ്ങേയറ്റം അമർഷത്തോടുകൂടി മാത്രം നോക്കിക്കാണുകയും ആ അമർഷം പ്രാവർത്തിക രൂപത്തിൽ കൊണ്ടുവന്ന് അധിക്ഷേപിക്കുവാനായി ഒരു പാർട്ടി പോളിസിഐ സ്വീകരിക്കുകയും ചെയ്ത ഒരു പാർട്ടിയുടെ ഒരു മെമ്പർ ഒരു മനുഷ്യൻ അതിന്റെ പേരിൽ ലോകത്തൊന്നും മുസ്ലിങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചിരുന്ന ഒരു വ്യക്തി ലോകത്ത് ഇസ്ലാമിനെയും വിമർശിച്ചപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ചിന്തിക്കുവാനെ പ്രേരിപ്പിച്ചു പഠിക്കാനെ പ്രേരിപ്പിച്ചു എന്താണ് ഇത്രമാത്രം വിശുദ്ധനെയും അതിന്റെ ദൂതനായ പ്രവാചകനെയും വിമർശിച്ചപ്പോൾ എന്താണ് ളുകൾ ഇത്രമാത്രം ദേഷ്യം പിടിക്കാൻ കാരണം ലോകത്തുള്ള മുസ്ലിം വിഭാഗത്തെ ഇത്രമാത്രം അത് വെറുപ്പിൽ ആക്കിത്തീർത്തത് എന്താണ് എന്ന് അയാൾ പഠിക്കാൻ ആരംഭിച്ചു അങ്ങനെ അയാൾ ഖുർആാനും പ്രവാചക വചനങ്ങളും ഇസ്ലാമിക ചരിത്രങ്ങളും അതിന്റെ ഏടുകളും മറച്ചുനോക്കാനും ഗവേഷണം നടത്താനും തയ്യാറായപ്പോൾ അതിന്റെ അനന്തരപരമായി അയാൾ ഇസ്ലാമിലേക്ക് എത്തിപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഇസ്ലാമെന്ന് ഉൾക്കൊള്ളു കടുത്ത വിരോധമുള്ള ആൾ അതിന്റെ ഏറ്റവും വലിയ അനുയായിയായി മാറി അത് ആത്മാർത്ഥമായും അന്തസ്തോടുകൂടിയ പ്രഖ്യാപിക്കുന്ന വിധാനത്തിലേക്ക് എത്തി ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരന്റെ വാർത്ത അടുത്ത ദിവസം വന്നിരുന്നു ബ്രാഹ്മണ കുടുംബത്തിൽ യാദൃശികമായി ഇസ്ലാമതം സ്വീകരിച്ച തന്റെ അതേ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ അയാൾ കണ്ടുമുട്ടി അപ്പോൾ ഇസ്ലാമിന്റെ മഹത്വത്തെയും അതിന്റെ മഹിമയെയും അതിന്റെ വിശുദ്ധിയേയും മനുഷ്യ ലോകത്തിന് അതിന്റെ ഗ്രന്ഥം കുർആാൻ കാഴ്ചവെക്കുന്ന പ്രത്യേകതകളെ കുറിച്ച് ആ പെണ്ണിൽ നിന്ന് കേൾക്കാൻ സാധിച്ചപ്പോൾ അയാള് മാറി ചിന്തിച്ചു പഠിക്കാൻ തുടങ്ങി മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ഏറ്റവും ഉയർന്ന ജാതി എന്നറിയപ്പെടുന്ന ബ്രാഹ്മണന്മാർ അതിന്റെ കൂട്ടത്തിൽ നിന്ന് സാധാരണ അവർ മാപ്പിളമാർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഇസ്ലാമിലേക്ക് കടന്നു അതിന്റെ സത്യത്തിലേക്ക് വെളിച്ചത്തിലേക്ക് കടന്നു അവർക്ക് സാധിച്ചു നമ്മൾ ഇതിന്റെ കാവൽ സൂക്ഷിപ്പുകാരും ഇതിന്റെ തലവാറ്റുകാരും ഇതിന്റെ ഉടമസ്ഥാവകാശക്കാരുമായിട്ട് പരമ്പരാഗത മുസ്ലീങ്ങളെന്നറിയപ്പെടുന്ന നമുക്ക് ഈ വെളിച്ചം അന്യമാണ് നമുക്ക് ഈ തെളിച്ചം അന്യമാണ് നമുക്ക് അതിന്റെ അന്തസ്ഥ അന്യമാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ദുഃഖകരമായ വസ്തുത അത് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ തയ്യാറുള്ള ആളുകൾ ഈ വിശുദ്ധ ഖാനിലേക്കും അതിന്റെ വചനങ്ങളിലേക്കും അതിന്റെ ആയാത്തുകളിലേക്കും അതിന്റെ ആഴത്തിലുള്ള ആശയപരതയിലേക്കും കടന്നു വരുമ്പോൾ അവര് ഇസ്ലാം മഹത്തായ മനുഷ്യ സമുദായത്തിന്റെ മോക്ഷത്തിനുള്ള മതമാണ് എന്ന് വിശ്വസിച്ച് അത് അംഗീകരിക്കുന്നു നമ്മളാണെങ്കിൽ ദിനംപ്രതി ആ ഇസ്ലാമിനെ അപഹസിച്ചുകൊണ്ടും അതിനെ വികൃതമാക്കിക്കൊണ്ടും അതിൽ ഹറാമായ കാര്യത്തെ ഹലാലാക്കിക്കൊണ്ടും അതിൽ കൊള്ളരുതാത്തതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞതിനെ ദൈവത്തിന്റെ മാർഗമായി ആളുകൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടും അങ്ങനെ പ്രവാചകനും വിശുദ്ധ കുറാനും പണ്ഡിത മുഴുവനും ഹറാമാക്കിയ കാര്യങ്ങളെ അത് തന്നെ ദൈവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ ഹറാമിനെ പ്രചരിപ്പിക്കുകയും ഹറാമിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും അതിന്റെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ദുരന്തമാണ് ഹിന്ദു സമുദായത്തെ സംഘടിപ്പിച്ചു നടന്നുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ നമ്മൾ എന്നാണ് നമ്മൾ എന്നാണ് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ അവർ പറയുന്നു മുഹമ്മദ് സന്നിധിയിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ അനുകമ്പയാർന്ന അദ്ദേഹത്തിന്റെ ആകർഷണീയമായ ഖുർആൻ പാരായണം കേട്ട് അവർ പറയുന്നു അത്ഭുതങ്ങളുടെ കേദാരമായ ഖുർആൻ അജായ്മുകൾ അത്ഭുതങ്ങൾ നിറച്ച് വെച്ച ഖുർആആങ്ങൾ കേട്ടു എന്ന് അവർ പറയുന്നു സഹോദരന്മാരെ ആ ഖുർആാനെ സംബന്ധിച്ച് ഖുർആാൻ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് വിശേഷിപ്പിച്ചത് സൂഹത്തിൽ അള്ളാഹു സ്വഹാനുല ഖുർആാനും ഉദാരതയുടെ അഥവാ മാന്യമായ വസ്തുതകൾ നിറച്ചുവച്ച് വന്നാണ് ആ ഖുർഹാൻ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാം എന്ന് ഖുർഹാൻ വിശേഷിപ്പിക്കുന്നു അള്ളാഹുസുബാൻ മുഹമ്മദ് മുസ്തഫ സലമിനെ ഉപദേശിക്കുകയാണ് സൂഹത്ത് തോബയിൽ മുഷിരിക്ക് ഇടയിൽപ്പെട്ട ആരെങ്കിലും നിന്റെ അടുക്കൽ ഒന്ന് അഭയം കേട്ടാൽ അഭയം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നാൽ നീ അവൻ അഭയം കൊടുക്കണം അവൻ അള്ളാന്റെ കലാമ് കേൾക്കട്ടെ അത് മനസ്സിലാക്കട്ടെ അതിനുള്ള അവസരം അവരുണ്ടാക്കണം അതുപോലെ തന്നെ സൂറത്ത് നിസാ ഇൽ അള്ളാഹുസ്ബാനും പ്രകാശം അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു സൂറത്തുൽ അള്ളാഹുസ് പറയുന്ന മൂന്നാമത്തെ വചനം ഇത് വെളിച്ചമാണ് ഇത് സന്മാർഗമാണ്മ കാരുണ്യമാണ് നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതേപ്രകാരത്തിന് സൂറത്തുൽ ഫുർഖാൻ അള്ളാഹുസ് അവൻ അനുഗ്രഹീതനായിരിക്കുന്നു അല്ല അള്ളാഹു ഖുരാൻ പേരിട്ടത് ഫുർഖാൻ അത് സത്യം ഏതാണ് എന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഏതാണ് ഹക്ക ഏതാണ് ബാത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അതിൽ ഖുർഖാൻ അല്ലൂൻ മാനവ സമുദായത്തിന് മുന്നറിയിപ്പുകാരനാകാൻ വേണ്ടി അതേപ്രകാരം തന്നെ അള്ളാഹു പ്രഹാൻ ശമനമാണ് മനുഷ്യന്റെ എല്ലാവിധത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും ശമനമാണത് എന്ന് ഖുർആാൻ പറയുന്നു അതുകൊണ്ട് പരിസ്ഥിതികാരില്ല ഖുഹാൻ ശമനമാണെന്ന് പറയുമ്പോൾ അതെന്താ പാരസിറ്റബോൾ ആണ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല വിശുദ്ധ ഖുർഹാൻ അതുകൊണ്ട് ചികിത്സിക്കലും ിൽ അതുകൊണ്ട് ആ വിഷുങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് മാനസിക വിഭ്രാന്തിയിലകപ്പെട്ട ആളുകളെ ചികിത്സിക്കലും ഇതൊക്കെ ഇസ്ലാമിൽ വന്നിട്ടുള്ള കാര്യമാണ് ആ വിശുദ്ധ ചികിത്സയാണ് അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ആലങ്കാരമായി പറഞ്ഞതല്ല യാഥാർത്ഥ്യത്തോടുകൂടി പറഞ്ഞതാണ് ഖുർആൻ ഷിഫിയാണ് എന്ന കാര്യം പറയുന്നു മനുഷ്യർക്ക് അത് രോഗശമനമായി നാം ആ ഖുർആാനിൽ നിന്ന് നാം ഇറക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഇത് നഷ്ടമാണ് ഉണ്ടാക്കുക അത് അതിന്റെ നിഷേധികളും അതിനെ പരിഹസിക്കുന്നവരും അതിന് തള്ളിക്കളയുന്നവരുമായ ആളുകൾക്ക് ഇത് നഷ്ടമല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കുകയില്ല എന്നാണ് ഖുർആാൻ പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഒട്ടനേകം വാക്യങ്ങളിലൂടെ അള്ളാഹുദിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്രഹാന പറയുന്നു ഈ വിശുദ്ധ വൃഹാൻ മറ്റ് വേദഗ്രന്ഥങ്ങളൊക്കെ നശിച്ചുപോയി പലരും പല രൂപത്തിലും അവരുടെ അവയുമായി യോജിക്കാത്ത കാര്യങ്ങൾ വന്നപ്പോൾ അവർ അത് മറച്ചു വെച്ചു അവരുടെ ദേഹേച്ഛകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വന്നപ്പോൾ ആ ദിവ്യവചനങ്ങളെ അവർ മറച്ചുവെച്ചു അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അവർ ി അതുപോലെ തന്നെ അവരതിനെ നിഷ്ഠൂരം ദുർവ്യാഖ്യാനം ചെയ്തു പക്ഷേ വിഷുദുറനാൻ സാധ്യമല്ല മനുഷ്യർക്ക് ഉപദേശമായി വന്നിട്ടുള്ള വചനങ്ങൾ അത് നമ്മളാണ് ഇറക്കിയത് നമ്മൾ തന്നെ അതിനെ സംരക്ഷിക്കും അഥവാ അള്ളാഹുബ്രഹാനോകത്തിന്റെ അവസാനം വരെയും അത് സംരക്ഷിക്കുമെന്ന് അള്ളാഹു ഹുസുബ്രഹാനുള്ള സൂറത്തു ഹിജിർ അതിന്റെ ഒമ്പതാമത്തെ വചനത്തിൽ പറയുന്നു ഖുർആാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിച്ച ഒരു കയറാണ് ഒരു പാശമാണെന്നാണ് നബിസ് അല്ലാസ്ലം പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ കയ്യിലാണ് അതിന്റെ ഒരു തല മറ്റൊന്ന് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ആ കയർ പിടിച്ചാൽ ആ കയർ ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കയറി പോകാൻ പറ്റും ആ കയർ ബന്ധങ്ങളിലൂടെ രക്ഷാ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും അല്ല അതിനെ നിങ്ങൾ ഒഴിവാക്കുമ്പോൾ ഒരുപാട് ആളുകൾ ആ കയറിനെ പിടിച്ച് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ലോകത്ത് നബിസല്ലാഹു അലൈവിസ്ലം പറഞ്ഞൊരു ഹദീസ് നോക്കും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ ഞാൻ ഏകനായ ആരാധ്യനാണെന്നും ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് നിങ്ങൾ സാക്ഷി വഹിക്കുന്ന കാലൂനാണ് ഇല്ലാതെ ഞങ്ങളതിനെ സാക്ഷികളാണ് അള്ളാഹു അഥവാ അതിന്റെ ഒരു അറ്റം പടച്ചവന്റെ കയ്യിലാണ് അതിന്റെ അടുത്ത തല രണ്ടാമത്തെ തല നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ ആ പാശത്തെ മുറുകെ പിടിക്കണം തന്നില്ല ആ ഖുർആനാകുന്ന പാശം പടച്ചവൻ നിങ്ങൾക്ക് ഇതായത്തിനായി നീട്ടി തന്നിട്ടുള്ള ഈ കയർ നിങ്ങളെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപൊഴിച്ചു പോവുകയില്ല വലംത ആ മുറുകെ പിടിച്ച് ഖുർഹാൻ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് വഴിതെറ്റിപ്പോവില്ല അങ്ങനെയുള്ള ഖുർഹാൻ സഹോദരന്മാരെ പലപ്പോഴും വളരെ നേരത്തെ പള്ളിയിലേക്ക് വരുന്നു വളരെ നേരത്തെ പള്ളിയിലിരിക്കുന്നു ഒരുപാട് സമയം നമ്മൾ പള്ളിയിൽ ചെലവാക്കുന്നു എന്നിട്ടും ഒരു മുസാഫെടുത്ത് രണ്ടക്ഷരം ഓതാൻ നമുക്ക് മടി അങ്ങനെയാണോ അല്ല സമയം കിട്ടുമ്പോൾ ഒരായത്തെങ്കിലും ഒരു വചനമെങ്കിലും അതിൽ നിന്ന് ഓതാൻ സാധിച്ചാൽ അതിന്റെ പ്രതിഫലം എന്താണ് മുഹമ്മദ് മുസ്ഫലൈസ് പറയുന്ന പലപ്പോഴും കേട്ടത് അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് വിശുദ്ധ ബുഹാനിൽ നിന്ന് അക്ഷരം അക്ഷരം ആരെങ്കിലും പാരായണം ചെയ്താൽ അതവൻ ഹസനത്താണ് ഫലത്ത് ഒരു മുസ്ലിം ഒരു നന്മ ചെയ്താൽ അള്ളാഹു അവൻ അതിന് കൂലി കൊടുക്കുക ചുരുങ്ങിയത് പത്തു നന്മയായിട്ടാണ് ലാൽ ഫുലു അലിഫുലാം എന്ന സൂറത്തുൽ ബഹറിയുടെ തുടക്കത്തിലൊക്കെ നമ്മൾ കാണുന്ന അലിഫുലാം മീൻ എന്നത് ഒരക്ഷരമാണെന്ന് ഞാൻ പറയണ്ടില്ല അക്ഷരങ്ങളാണ് മാത്രമല്ല ആ അക്ഷരങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് ബിസല അലൈസ്ലാം പറഞ്ഞ മതേ അലിഫുലാമീ എന്ന് തോന്നുമ്പോൾ മുപ്പത് ഹസനത്തായ നടത്തം അപ്പോ വിഷുദുർഖാന്റെ ഇത്രമാത്രം പാരായണ പ്രതിഫലം നൽകുന്ന വേദൊരു വേദഗ്രന്ഥമില്ല നമ്മളത് പാരായണം ചെയ്താൽ നമ്മളത് വായിച്ചാൽ കേവല വായനക്ക് തന്നെ കൂലി കിട്ടുന്നു എന്നാണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഖുർആാൻ നമ്മുടെ ശുപാർശകനായി നമുക്ക് വരും ആരുടെയും ശുപാർശ വളരെ പ്രയാസമാണ് ഒരാളുടെയും ശുപാർശ കൊണ്ട് രക്ഷപ്പെടാത്തൊരു സ്ഥലമാണ് സാഹോദര്യ ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ശുപാർശകളോ പ്രയോജനം ചെയ്യാത്ത ഒരു ദിവസം വിഷുൻ ശുപാർശയായിട്ട് വരും പറയുന്നു അബ്ദുല്ലാബിൻ അബ്ദുല്ലാബിൻ സിയാം നാം നോക്കുന്ന നോമ്പ് നാം പാരായണം ചെയ്യുന്ന ഖുർആൻ ഇത് രണ്ടും അള്ളാഹുവിന്റെ ഒരു അടിമുഖ ഖയാം എന്നാളിൽ രണ്ടു ശുപാർശകന്മാരായി വരും സിയാമോ നോമ്പ് പടച്ചവനോട് പറയും ഐ റബ്ബിം പകലിൽ അവൻ സാധാരണ അവന്റെ വിഷപ്പെടക്കുന്ന ഒരുപാട് ആഹാരങ്ങൾ പലതവണയായി അവൻ കടിക്കുന്ന ആഹാരങ്ങൾ നോമ്പനട്ടിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവനെ വിലക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഷെഹവാത്ത് അവന്റെ ശാരീരികമായ ഹവക്കനുസരിച്ച് അവൻ ചെയ്യുന്ന അവന്റെ ഭാര്യ ബന്ധം പോലെയുള്ള കാര്യങ്ങൾ അതും ഈ നോബലിന്റെ പേരിൽ ഞാൻ അവന് വിലക്കിയിട്ടുണ്ട് പകലിൽ അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ ഞാൻ ശുപാർശ പറയുന്നു അത് നീ സ്വീകരിക്കണം ഖുർആൻ ഖുർആൻ പറയും ആർക്കാണ് ഖുർആാൻ ഓന്നിട്ട് ഉറക്കു നഷ്ടപ്പെട്ടത് ഓരോരുത്തർ ചിന്തിച്ചാൽ എത്ര ആളുകളാണ് ഖുർആൻ ഓന്നി നമസ്കരിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് ഉറക്കെ നഷ്ടപ്പെട്ട ആളുകളാരാണ് പക്ഷെ ഖുർആൻ അവിടെ എന്ന് പറയുന്നത് അള്ളാഹു നടക്കില്ലെന്ന് പറയുന്നത് ഇതാ ഈ മനുഷ്യനെ ഞാൻ രാത്രി ഒരുപാട് നേരം അവന്റെ ഉറക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവൻ എന്നെ പാരായണം ചെയ്തുകൊണ്ട് രാത്രി തയാമലിയിൽ നമസ്കരിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് ഫഷഫിഫിഹി അവന്റെ വിഷയത്തിൽ ഞാൻ പറയുന്ന ശുപാർശ സ്വീകരിക്കണം ഫൈഷഫാൻ ആ രണ്ടുപേരുടെയും ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് എനിക്ക് സലഹുലഹി പറഞ്ഞു അപ്പൊ ഒന്ന് മുമ്പ് മറ്റൊന്ന് ഖുർആാൻ പാറായാണ് സഹോദരന്മാരെ ഈ തരത്തിൽ ഖുർാനുമായി ബന്ധം സ്ഥാപിക്കുകയും അതിന്റെ ഹിതായത്വം സ്വീകരിക്കുകയും അത് ജീവിതത്തിന്റെ പ്രമാണമായി അംഗീകരിക്കുകയും ചെയ്ത സത്യവിശ്വാസികളിൽ അള്ളാഹുഹാനോ തരം നമ്മളോട് പുറത്തുമാറാറുണ്ട് അലഹമില്ല സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ് വിഷു സുബ്രഹാന്റെ ആളുകൾ അതിനെ പഠിച്ച് വായിച്ച് അംഗീകരിച്ച് പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഈ ഭൂമിയിലെ പ്രത്യേക ആളുകളാണ് ഓരോരുത്തർക്കും ചില ഹാസായ ആളുകളുണ്ട് അവൻ ഞാൻ ഏറ്റവും ഏറ്റവും അടുത്ത നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ അയാൾ എന്റെ അടുത്താളാണ് അവർ ഞങ്ങളുടെ അടുത്ത എന്ന് പറയാറുണ്ട് വിശുദ്ധ ഖാനുമായി കൂടുതൽ ബന്ധു സ്ഥാപിച്ച ആളുകൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് എന്നാണ് അലിസ് പരിചയപ്പെടുന്നത് അനസു മനുഷ്യ ഹദീസ് അള്ളാഹു ഇന്ന് മനുഷ്യ സമൂഹത്തിന്റെ കൂട്ടത്തിൽ ചില പ്രത്യേകക്കാരുണ്ട് അള്ളാഹുവിന്റെ മാത്രം ആളുകളായി അള്ളാഹു എടുത്ത് സ്വീകരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളുണ്ട് ൻസോ നബിസ്ലമിയോട് ചോദിക്കപ്പെട്ടു ആരാണ് അള്ളാഹുവിന്റെ ഹാസായ അവന്റെ പ്രത്യേക ആളുകൾ ഖുർആാൻ അഹിലുൽ ഖുർഹാൻ ഖുർആാന്റെ ആളുകൾ ഖുർആനെ സ്നേഹിക്കുന്ന ഖുർആനെ പഠിക്കുന്ന ഖുർആനെ പാരായണ ചെയ്യുന്ന ഖുർആാനെ പഠിപ്പിക്കുന്ന ആളുകൾ അതാണ് നബീസു വസ്ലം മറുപടി പറഞ്ഞത് ഉന്നതമായ പദവികളിലേക്ക് മനുഷ്യനെത്തിപ്പെടാൻ അവന് സഹായിക്കുന്ന ഒരു കോടിപ്പടിയാണ് യഥാർത്ഥത്തിൽ ഖുർആാൻ എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫലം പറഞ്ഞ വചനം അബ്ദുൽ ഹാരിസ് ഒരു സംഭവം കാലത്തുണ്ടായ ഒരു സംഭവം റതി അള്ളാൻ ഉദ്ധരിക്കുകയാണ് അബ്ദുൽ ഹാരിസ് ഉമർ ഖത്താബ് റബി അള്ളാമന്റെ ഖലീഫയാണ് അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്നത് ഗവർണറായി നിശ്ചയിച്ച ആളാണ് പ്രദേശങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഉള്ള ഈ അഹലുൽവാദി അവിടെയുള്ള താഴ്വേൽ പ്രദേശങ്ങളിൽ ആളുകളുടെ കാര്യം നോക്കാൻ നീ ആളെയാണ് ഏൽപ്പിച്ചത് എന്ന് ഉമർ ഖത്താബ് റബി അള്ളാമു ഈ തന്റെ ഗവർണറായ മക്ക ഗവർണറായ നാഫേബിന് അബ്ദുൽ ഹാരിസിനോട് ചോദിച്ചു അപ്പോ ഒരാളെയാണ് ഞാൻ വാദിയിലെ എന്റെ പരിസര പ്രദേശങ്ങളിലെ ചില കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു കാലം ആരാണ് അടിമകളിൽ പെട്ട ഒരു അടിമയാണ് ഇബിന് അബ്സ എന്ന് പറയുന്നത് അടിമകളിൽ പെട്ട ഒരു അടിമയാണ് എന്ന് നമ്മുടെ നാഫിബിന് അബ്ദുൽ ഹാരിസ് മറുപടി പറഞ്ഞു അപ്പൊ അത് ഒരു അടിമയായ ആളെയാണോ നീ ഇവിടെ അവരുടെ മുകളിൽ മേൽനോട്ടക്കാരനായി കൈകാര്യകർത്താവായി നിശ്ചയിച്ചിട്ടുള്ളത് ആൾ അദ്ദേഹം അടിമയായിരിക്കട്ടെ പക്ഷേ അദ്ദേഹം വിശ്വൻ നന്നായി പാരായണം ചെയ്യുന്ന അതിന് മനഃപ്പാടമുള്ള ആളാണ് അനന്തരാവകാശ നിയമത്തെ കുറിച്ച് ഒരാൾക്ക് വിവരമുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പകുതി ഭാഗം അയാൾക്ക് വിവരമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അനന്തരാവകാശ നിയമങ്ങൾ സ്വത്തം ഉപയോഗിക്കുന്ന നിയമം ഫറായു എന്ന് പറയാം ഈ ഫറായിൽ നിയമങ്ങളെ കുറിച്ച് വളരെ പരിജ്ഞാനമുള്ള ആളാണ് ഇബിന് അബ്സ എന്ന് പറയുന്ന അടിമ അതുകൊണ്ട് വിശുദ്ധിലെ പരിജ്ഞാനവും അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിവരവും കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഇമാമത്ത് നൽകിയിട്ടുള്ളത് ഈ കൈകാര്യ കർത്തൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോഹമ്മദ് മുസ്തഫ സാഹുലം പറഞ്ഞത് നിങ്ങളുടെ നബി നമ്മുടെ നബി പറഞ്ഞ കാര്യം ഇവിടെ പുലർന്നിരിക്കുകയാണ് ും കൊണ്ടുപോകും ചില ആളുകളെ അള്ളാഹു വസ്സുബാ താഴ്ത്തിക്കളയും അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കണമെങ്കിൽ ആ ഖുർആാനുമായി നമ്മുടെ ബന്ധം സുദൃഢമാക്കേണ്ടതുണ്ട് അബ്ദുൽ റസൂൾ അലൈവി നബിം പറഞ്ഞു സാഹിബ് ഖുർആാൻ പറലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിപ്പെടുമ്പോൾ പ്രതിഫലങ്ങൾ ഓഹരി ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് പഠിച്ചവൻ കൂലി കൊടുക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്ത് ഖുർആാൻ മനപ്പാടമാക്കി ഖുർആൻ ഓതി ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ അള്ളാഹു സുബാൻ മോഹത്താല അവന്റെ അടുക്കൽ ഹാജറാക്കിക്കൊണ്ട് പറയും എന്താണ് ഓത് പാരായണം ചെയ്യ് എന്നിട്ട് നിന്റെ പദവികളിലേക്ക് നീ കയറിപ്പോ അതുപോലെ തന്നെ വളരെ സുന്ദരമായി വിശ്വ കുർഹാന്റെ നിയമങ്ങളും അതിന്റെ കാര്യങ്ങളും വെച്ചുകൊണ്ട് നീ പാരായണം ചെയ്ത് ഭംഗിയായി കമാകുന്ത തുറത്തിരുയാ ദുനിയാവിൽ എങ്ങനെയാണോ നീ ഭംഗിയായി ഖുർആാൻ പാരായണം ചെയ്തിരുന്നത് അതേപ്രകാരം പട പരലോകത്തെത്തിയ ഈ നല്ല മനുഷ്യനോടല്ലാവ് പറയും നീ പാരായണം ചെയ്യ് അങ്ങനെ ഓരോ ആയത്തുകളും പാരായണം ചെയ്ത് എന്നനുസരിച്ച് പദവികൾ കയറിക്കൊണ്ടേയിരിക്കും ഇന്ന മൻസി ലയത്തിൻ നീ പാരായണം ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ആയത്തിന്റെ ആ പരിധിയിലാണ് സ്വർഗത്തിൽ നിനക്കുള്ള മൻസില നിന്റെ സ്ഥാനം എന്ന് അള്ളാഹു സുബാൻ മനുഷ്യരോട് പറയുമെന്നാണ് സഹോദരന്മാരെ ആരാണ് ഈ പദവിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആരാണ് ഈ പദവിക്ക് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ളത് ആരാണ് ഈ ഖുർആാൻ ജീവിതത്തിൽ എല്ലാ ദിവസവും അല്പസമയമെങ്കിലും ഖുർആൻ രണ്ട് പേജ് കുർആൻ രണ്ട് പേജ് കുർആൻ ഒരു ദിവസം നിങ്ങൾ പാരായണം ചെയ്താൽ ഒരു വർഷം കൊണ്ട് ഖുർആാൻ മുഴുവൻ ഓദിത്തീർക്കാൻ സാധിക്കും ഒരു വർഷം കൊണ്ട് ഖുർആാൻ മുഴുവൻ ഓദ്യത്തീർക്കാൻ സാധിക്കും രണ്ട് പേജ് ഒരു ദിവസം ഓതിയാൽ മതി അത് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയാൽ അത് വർഷത്തിൽ രണ്ടും വർഷത്തിൽ നാലും ഒക്കെ തവണയായി ഖുർആാൻ പൂർത്തിയായി പാരായണം ചെയ്യാൻ സാധിക്കും പക്ഷേ അത് ജീവിതത്തിൽ പതിവാക്കണം അങ്ങനെ വിശുദ്ധ ഓതുകയും അത് ജീവിതത്തിൽ പതിവാക്കുകയും അങ്ങനെ നബിസ് അല്ലാസ്ലാം പറഞ്ഞില്ലേഖും നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണ് ഉസ്മാൻ ബിൻ അഫ്വാൻ റബിൻ ഛഹദീസാണ് ഉസ്മാനുബിൻ ഛഹദീസാണ് ഖുറാൻ ഓദിക്കൊണ്ട് മരിച്ച ആണ് എന്ന ആയത്ത് ഓദിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്മാനുബിൻ അഫാർദി ഉള്ളാൻ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രക്തം ഈ ആയത്തിലേക്കാണ് വീണത് എന്ന് ചരിത്രം പറയുന്നു അങ്ങനെ ഖുറാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ശത്രുക്കൾ വന്ന് കൊന്നുകളഞ്ഞ ആളാണ് ഉസ്മാൻബിൻ അഫ്ഫാൻ അബി അള്ളാൻ ആ ഉസ്മാനുബിൻ അഫാനിള്ളാൻ പറഞ്ഞ അരീസാണ് നബീസ് അലാസ് ഉദ്ധരിക്കുന്ന ഹൈറുഖും നിങ്ങളിൽ ഉത്തമൻ ും അല്ല മഹു അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തവനുമാണ് അള്ളാഹുസുബെഹാനു മത്തല അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഖുർആൻ പഠിക്കുകയും അത് പരിചിന്തനം നടത്തുകയും അത് ജീവിതത്തിൽ പകർക്കുകയും അതിലേക്ക് ദേവത്തിൽ നടത്തുകയും ചെയ്ത സജ്ജനങ്ങളിൽ അള്ളാഹുസുബെഹാനു മഹത്തല നമ്മളെ ഉൾപ്പെടുത്തു മാറാകട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും ദുഷ്കർമ്മങ്ങൾ മാപ്പാക്കിത്തരികയും ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയൊരു സഹോദരി ഉമയ്യ എറങ്ങിക്കൽ അള്ളാഹുബൻത ആ സഹോദരിക്ക് പരലോകത്ത് കൊടുക്കുമാറാകട്ടെ اللهم أصلح لنا ديننا الذي هو عسمة أمرنا وأصلح لنا دنيانا التي بلها مع عاشنا وأصلح لنا آخرتنا التي إليها معابنا وجعل الحياة زيادة لنا في كل خير و جعل الموت راحة لنا من كل شر ربنا آتنا في الدنيا حسنا وفالآخرتي حسناتنا موقتنا عذاب النار وآخر دعوانا الحمد لله رب العالمين اللهم صلى الله عليه وسلم وبارك العبدك ورسولك محمد وعلى آله وصحبه جمعه